തീർച്ചയായും അള്ളാഹുസുബഹാനഹുവായാലോട് പങ്കുചേർക്കപ്പെടുന്നത് അവൻ പൊറുക്കില്ല അതിന് താഴെയുള്ള മറ്റെന്തും അവനുദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും എന്നാൽ ആരെങ്കിലും അള്ളാഹു സുബഹാനുഹൂവ ചായാലയായോട് പങ്കുചേർക്കുന്നുവോ അവൻ വലിയൊരു പാപം കെട്ടിച്ചമച്ചു